ആകാശവാണി ആഗോളീകരണത്തിന്റെ കാലത്ത് എന്തും ഉപഭോഗപരമായിത്തീരുന്ന സ്ഥിതിവിശേഷമുണ്ട് കലകളടക്കമുള്ള എന്തും സാംസ്കാരിക മണ്ഡലത്തിൽ പുലർത്തിയിരുന്ന നിർണായകത്വം കേവലമായ ഉപഭോഗപരതയ്ക്ക് വഴിമാറിയിരിക്കുന്നു മുന്നേറ്റങ്ങളുടെ നീണ്ട സ്ത്രീ സമൂഹത്തിൻ്റെ പുരോഗതി നമ്മൾ രേഖപ്പെടുത്താറുണ്ട് എന്നാൽ മാറിയ സാമൂഹിക പരിതോവസ്ഥകളിലും സ്ത്രീ പ്രധാനമായും വിൽപ്പന വെറും ഉടൽ എന്നതിനപ്പുറം സ്ത്രീയെ സമൂഹം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ല്പങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിച്ഛായയ്ക്കും മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു അകപ്പൊരു ദളിത് യുവതിയുടെ കഥനകഥ എം മുകുന്ദൻ്റെ നോവലിൻ്റെ റേഡിയോ ആവിഷ്കാരം റേഡിയോ രൂപാന്തരം ഡോക്ടർ ആർ ശ്രീലത വർമ്മ അവതരണം ആകാശവാണി തൃശൂർ നിലയം നാടകകൃത്ത് നാരായണ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന എന്റെ പുതിയ നാടകം അരങ്ങിലെത്തുകയാണ് നാടകത്തെപ്പറ്റി നാടകകൃത്ത് തന്നെ സംസാരിക്കുന്നതിലെ അനൌചിത്യം എനിക്കറിയാം എങ്കിലും ഈ നാടകത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് ഒരു ഭൂ തന്റെ ഗ്രാമത്തിൽ അഴിച്ചുവിടുന്ന ഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നാടകം എന്റെ സുഹൃത്തും വർത്തകനുമായ കരീംബോയ്ക്കു വേണ്ടി എഴുതണമെന്നുണ്ടായിരുന്നു ഞാൻ എന്റെ സുഹൃത്തുക്കളായ ഗോകുൽ ജാവേദ് ജാവേദിന്റെ പെങ്ങൾ വസുന്ധര ഇങ്ങനെ കരീംബോയിയുടെ നാടക പ്രവർത്തനത്തിൽ താൽപ്പര്യമുള്ള കുറച്ചുപേരുണ്ട് ഞാൻ എഴുതി കരീംബോയ് സംവിധാനം ചെയ്യുന്ന ഒരു നാടകം അരങ്ങേറിക്കാണാൻ അവരും കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കരീംബോയ്ക്കു വേണ്ടി നാടകം എഴുതണമെന്ന ലക്ഷ്യത്തോടെ ഞാൻ ജഗധാരി എന്ന ഗ്രാമത്തിൽ പോയി അവിടെ കുറച്ചുകാലം താമസിച്ചു വാസ്തവത്തിൽ ഗുണ്ടേച്ച എന്ന സവർണനായ ഭൂ പത്രപ്രവർത്തകനെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ മാളികയിൽ താമസിപ്പിക്കുകയാണ് ഉണ്ടായത് ഗുണ്ടേച്ചയുടെ വീട്ടിൽ താമസിച്ച് ഞാൻ അയാളുടെ പാതകങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി ഗുണ്ടേച്ച ഭഗവന്തി എന്ന ദളിത് യുവതിയെ വിവസ്ത്രയാക്കി അപമാനിച്ച യഥാർത്ഥ സംഭവമാണ് വാസ്തവത്തിൽ എന്റെ നാടകത്തിന് ആധാരം നാടകം കരീം പോയി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു എനിക്കതിന് കഴിയില്ല നിങ്ങൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ ജീവിതത്തിലെ യാഥാർത്ഥ്യവും കലയിലെ യാഥാർത്ഥ്യവും നൃത്തരാധിക സദാചാരം പറച്ചു സ്റ്റേജിൽ ഒരു ക്യാമറ നടത്താനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് അപമാനിക്കപ്പെട്ട ദളിത് യുവതിയെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുവാനാണ് നിനക്കതൊന്നും മനസ്സിലാകാത്തതുകൊണ്ടല്ല നിന്റെ ഭൂഷ്വാമൂല്യങ്ങൾ മധ്യവർഗത്തിന്റെ മുടിഞ്ഞ സദാചാരബോധം ഐ ആം ഫെഡ് വിത്ത് കരിയും പോയി നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ഞാൻ ഈ റോളിൽ അഭിനയിക്കുകയില്ല അതിന് വേറെ ആളെ നോക്കണം ഇപ്പോൾ എനിക്ക് മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട് ഞാൻ പോകുന്നു എന്തിനാണ് ബൾബ് അതങ്ങ് ഓഫ് ചെയ്തേക്ക് എനിക്ക് ആരുടെയും മുഖം കാണേണ്ട ആവശ്യമില്ല രാധിക നല്ല അഭിനേത്രിയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയല്ലേ അവൾ നാടകത്തെ ശരിക്കു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവൾ മനസ്സിലാക്കിയോ എവിടെ അവൾക്കൊന്നും അറിയില്ല തലയിലെ വാസ്തവികതയെക്കുറിച്ച് അവൾക്ക് എന്തറിയാം അവൾ പോയി തൊലയട്ടെ കുറ്റം അവളുടേതല്ല പാരമ്പര്യത്തിൽ നിന്നും ശീലങ്ങളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നാരായണൻ പറഞ്ഞതിനോട് ഞാന് യോജിക്കുന്നു പക്ഷേ രാധികൾ അത് മാത്രം നിങ്ങൾ എന്നോട് പറയരുത് കലയിൽ കോംപ്രമൈസ് ഇല്ല പത്തഞ്ഞൂറ് ആളുകളുടെ മുമ്പിൽ പിറന്നു പടി നിൽക്കേണ്ടി വരുമ്പോഴുള്ള വിഷമം അങ്ങനെ മറ്റൊരു പെണ്ണിനെ അത് മനസ്സിലാകൂ വസുന്ധരെ നീയുമിങ്ങനെ വെറും സാധാരണ രീതിയിൽ സംസാരിക്കരുത് ആരും ഒന്നും മനസ്സിലാക്കണ്ട ആരും തർക്കിക്കാനും വരണ്ട ആർക്കും ഒരു വിഷമവും വേണ്ട ഞാൻ ഈ നാടകം വേണ്ടെന്ന് വെക്കുന്നു നാരായണ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടി എഴുതിയ നിങ്ങളോട് ഞാൻ സോറി പറയുന്നു ജീവിക്കാൻ എനിക്ക് എന്റെ ഇൻഷുറൻസ് ബിസിനസ് ഉണ്ട് അതുമായി ഞാൻ കഴിഞ്ഞോളാം ഗുഡ് നൈറ്റ് പ്രതിവ്രതകള് കാമുകന്മാരുടെയും ചാരന്മാരുടെയും മുമ്പിൽ കുടുതുണി ഒരിഞ്ഞു നിൽക്കാൻ പോലും മടിയില്ല കലക്കു വേണ്ടി വല്ലതും ചെയ്യാൻ പറയുമ്പോൾ കരിമ്പോയുടേത് ഒരു ഓവർ റിയാക്ഷൻ ആണ് രാധികയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതേസമയം കരിമ്പോയുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുമുണ്ട് കുറ്റം നിങ്ങളുടേതാണ് നാരായണ അങ്ങനെ ഒരു കഥാപാത്രത്തെ നിങ്ങൾ സൃഷ്ടിക്കരുതായിരുന്നു നാളെ ഇതേ നേരം ഇവിടെ കരീംബോയുടെ ഫ്ലാറ്റിന്റെ ഈ ടെറസിൽ വെച്ച് ഞാൻ എന്റെ നാടകം കത്തിച്ച് ചാമ്പലാക്കും ഒരിക്കലും ജാവേദ് ഈ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ എന്നൊന്ന് സഹായിക്കോ നിങ്ങളുടെ ഈ വീട്ടിൽ പുസ്തകങ്ങൾ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട് നിനക്കറിയുമോ പുതിയ പുസ്തകങ്ങൾ ഞാൻ വാങ്ങാറില്ല ബുക്ക് ഷോപ്പിൽ പുതിയ പുസ്തകങ്ങൾ വന്നാലും അതെല്ലാം പഴയതാകുന്നതുവരെ ഞാൻ കാത്തിരിക്കും ഇതെല്ലാം പൊടി അടുക്കി വെക്കാൻ അത്ര എളുപ്പമല്ല പുസ്തകങ്ങൾ പഴകുന്നത് കാത്തിരുന്നാലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ അറിവുണ്ട് ഇത് വലിയ അത്ഭുതമാണ് ജാവേദിന്റെ പപ്പയും എങ്ങനെയായിരുന്നു ആണാണെങ്കിലും പെണ്ണുങ്ങളുടെ കാര്യങ്ങള് പെണ്ണുങ്ങളെക്കാളും അങ്ങേർക്കറിയായിരുന്നു ഗോകുൽ എന്താ മാസിയുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് ഇത് അദ്ദേഹം മരിക്കുന്നതിന് ഒന്നര കൊല്ലം മുൻപെടുത്ത ഫോട്ടോയാണ് പക്ഷെ ഇതിന് വളരെ കാലത്തെ പഴക്കം തോന്നുന്നു കണ്ണടച്ചു തുറക്കുന്നതിനിടെ കാലം കടന്നു പോകുന്നത് ില്ല മോനെ വസുന്ധരേ നീ പൊടി തട്ടിയത് മതി ചെന്ന് ഇവർക്കെല്ലാം ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ അച്ഛനില്ലാത്ത പെൺമക്കളെ പോറ്റ് വലുതാക്കേണ്ടതിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല വസുന്ധര ഒരു സാധാരണ പെൺകുട്ടിയല്ല അവൾ ബുദ്ധിമതിയാണ് ജീവിതത്തെ ഗൗരവബുദ്ധിയോട് സമീപിക്കുന്നവളാണ് പക്ഷേ അവൾ എത്ര പെട്ടെന്ന് വളർന്നു എപ്പോഴും ഒരു സിന്ധിപ്പശുവിനെ പോലെ വളരുന്നു അവളുടെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ വസുന്ധരയുടെ പപ്പ ഇല്ലെന്ന് കരുതി അവളെ ചൊല്ലി നിങ്ങൾ ഇത്രയ്ക്ക് ആദി പിടിക്കുന്നത് എന്തിനാണ് ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം പോലെ എനിക്ക് തോന്നി നിന്റെ ഓരോ തോന്നലുകള് ചായ കുടിക്കെ ജാവേദിന് ഇതുപോലെ വീട്ടിൽ കണ്ടുകിട്ടുന്ന സമയം എത്ര ചുരുക്കമാണെന്നോ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല എനിക്ക് അല്പം തിരക്കുണ്ട് ഇപ്പോൾ ഇറങ്ങട്ടെ നാളെ കരിമ്പോയുടെ ഫ്ലാറ്റിൽ കൂടാം ഞാൻ കൊണ്ടുവിടാം നാരായണ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചെത്തും നീ തിരിച്ചു വന്നിട്ട് എനിക്ക് മാർക്കറ്റ് വരെ പോണം ജാവേദും പുറത്തു പോകാനുള്ള തിരക്കിലാ ആ വേഗം പോയിട്ടുവാ നീ വേഗം എത്തിയത് നന്നായി വസുന്ധരയ്ക്കൊരു കൂട്ടായല്ലോ ആ ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങി നാരായണന്റെ കൂടെ റിഹേഴ്സൽ കാണാൻ പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അമ്മ സമ്മതിച്ചില്ല അമ്മക്ക് മാർക്കറ്റിൽ പോകാനുള്ളത് വീട് അടച്ചു കൂട്ടി പോകണ്ടാന്ന് പറഞ്ഞു നീ പോകാത്തത് നന്നായി കുറച്ചുനേരം നമുക്ക് തനിച്ചിരുന്ന് സംസാരിക്കാമല്ലോ അമ്മയുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാമല്ലോ ചില സാഹചര്യങ്ങളിൽ അച്ഛനും അമ്മയും പോലും ഒരു അധിക പറ്റാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് അത് നീയുമായി മാത്രം ഷെയർ ചെയ്യാനുള്ളതാണ് നോക്കൂ ഗോകുൽ നിങ്ങൾ പഴയ മട്ടിലുള്ള ഒരു കമിതാവാണ് ആയിരിക്കാം കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു തീർത്താൽ പിന്നെ ും വ്യാകരണവും അലങ്കാരങ്ങളും ബിംബാവലികളും എല്ലാം കാര്യങ്ങൾ വളച്ചു കിട്ടി പറയാനുള്ളതല്ലേ അമ്മ വന്നിട്ട് നീ കരുതിക്കൂട്ടി വിഷയം മാറ്റുകയാണെന്ന് എനിക്കറിയാം വാസ്തവത്തിൽ നിന്നെ ഞാൻ പ്രേമിക്കുകയല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ ഇനി എന്താണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ പറയാതെ തന്നെ ഞാനെല്ലാം കേട്ടു എന്തായാലും ഇന്നോ നാളെയോ എനിക്ക് നാരായണനെ കാണണം അയാളോട് നാടകത്തെപ്പറ്റി സംസാരിക്കണം എന്തിനാണ് എന്നെ അടിയന്തരമായി കാണമെന്ന് നീ ആവശ്യപ്പെട്ടത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഓഹോ പറയാനല്ല ഞാൻ വന്നത് പിന്നെ നിങ്ങളുടെ നാടകത്തിൽ രാധിക വേണ്ടെന്ന് വെച്ച വേഷം അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് നല്ലതുപോലെ ആലോചിക്കാതെ ഞാൻ ഇതിനൊരുപടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് എന്റെ എൻഗേജ്മെന്റ് നടന്നു പക്ഷേ ഇന്നലെ രാത്രി ഉറങ്ങാതെ കിടന്ന് ഞാൻ ആലോചിച്ചത് അതിനെ നിങ്ങളുടെ നാടകത്തെ കുറിച്ചും ഭഗവന്തിയെ കുറിച്ചുമാണ് വിഷമം പിടിച്ചൊരു കഥാപാത്രമാണ് രാധികൾ താമസിച്ച് തിരിച്ചെത്തിയ ഞാനൊരു മുതിർന്ന പെണ്ണാണെന്ന് നിങ്ങൾ മറക്കുന്നു എന്നും എനിക്ക് അടുക്കളയിൽ ചെന്ന് സോപ്പുണ്ടാക്കിയും പുറയിലെ പൊടി തട്ടുകയും കഴിഞ്ഞാൽ മതിയോ ായും ഗോകുലിന്റെ പ്രതിഷേധ വധുവായാതെ നിങ്ങൾക്കെന്നെ കാണുവാൻ കഴിയില്ലേ എന്നെ ഞാനായി മാത്രം കണ്ടാൽ എന്താണ് കുഴപ്പം ചില ഭാഗങ്ങൾ നോക്കാം ഉദാഹരണത്തിന് ഗുണ്ടേച്ച ഭഗവന്തിയുടെ കുടിലേക്ക് അലങ്കരിച്ചൊരു കാളവണ്ടിയിൽ ചെല്ലുന്നു വരണം എന്ന അഭിപ്രായമാണ് ചിലർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നാടകം ഓപ്പൺ തിയേറ്ററിൽ കളിക്കേണ്ടി വരും നാടൻ കലാരൂപങ്ങളാണ് തുറന്ന ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നത് നമ്മുടേതു ഒരു നവീന നാടകം ഒരു തിയേറ്ററിൽ കാണിക്കുവാനുള്ളതാണ് ഇത്രയും നാൾ അങ്ങും ഇങ്ങും ഒരാട്ടിൻകുട്ടിയെ പോലെ ഓടുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ഭഗവന്തി ഒരേ ഒരു ദിവസം കൊണ്ട് അപമാനിതയും ദുഃഖിതയും മുറിവേറ്റങ്ങളുമായി തീർന്നു ാണ് നീ അവതരിപ്പിക്കാൻ പോകുന്നത് റിഹേഴ്സലുകൾ കഴിഞ്ഞ് സ്റ്റേജിലെത്തുമ്പോൾ ഞാൻ പൂർണമായി ഭഗവന്തിയായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് അന്യമൊന്നുമല്ല കേട്ടോ ഗോകുൽ ഞങ്ങളുടെ പപ്പ പണ്ട് ഒരു നാടകത്തിൽ നാവികൻറെ വേഷം അഭിനയിച്ചിട്ടുണ്ട് വസുന്ധര പറഞ്ഞ വസുന്ധര ഈ റോൾ ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഐസ്ക്രീം തിന്നും ശീതള പാനീയം കുറിച്ചും ടി വി സംസാരിച്ചു നടക്കുന്ന സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല എന്റെ സഹോദരി അല്ലെ ഗോകുൽ നാടകത്തിൽ അഭിനയിക്കണമെന്നത് തികച്ചും അവളുടെ സ്വതന്ത്രമായ അഭിപ്രായമല്ലേ അവളുടെ ജീവിതം എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അവൾ തന്നെയല്ലേ ഇന്ന് ഞാനാണ് അവളെ റിഹേഴ്സലിൽ കൊണ്ടുപോയത് അവളുടെ അഭിനയം കാണണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു നാരായണൻ എഴുതി കരിയും പോയി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അവൾ അഭിനയിക്കുന്നതിൽ എനിക്കും അഭിമാനമുണ്ട് അവളുടെ അഭിനയത്തിൽ കരിയും പോയിക്ക് നല്ല തൃപ്തിയുണ്ട് ഭഗവന്തി ആടിനെ മേയിക്കുന്ന രംഗമൊക്കെ എത്ര സമർത്ഥമായിട്ടാണ് അവൾ അവതരിപ്പിച്ചത് എന്റെ അനുചിത്തി ആയതുകൊണ്ട് എനിക്കറിയാം ഭഗവന്തിയായി അവൾ ജീവിക്കുകയാണ് അവൾ എത്തിക്കഴിഞ്ഞു നിന്റെ അഭിനയത്തെ കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു ഭഗവന്തി ഒരു സാങ്കല്പിക കഥാപാത്രം ശരിക്കും ജീവിച്ചിരിക്കുന്നു ഒരു സ്ത്രീ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭഗവന്തി കടന്നു വന്ന് അതുകൊണ്ടാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ലെന്ന് വാസ്തവത്തിൽ ഇതിൽ ഭാവന തീരെ വസുന്ധരേ ഗോകുൽ ഉദ്ദേശിച്ചത് നീ ഭഗവന്തിയുടെ മാനസിക നിലകൾ വിശകലനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന അർത്ഥത്തിലായിരിക്കും അതെ ചില സംഭവങ്ങളെ നാം വൈചാരികമായി മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ എന്ത് വൈചാരിക ഭഗന്തി നേരിട്ട അപമാനം വൈചാരികതയും വെറും അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒന്നും ഞാനില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഓ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ എന്റെ കാര്യം കുറയല്ലോ എനിക്കിപ്പോൾ പോയിട്ട് കുറെ ആവശ്യങ്ങളുണ്ട് ഗോകുൽ നീ ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം ഓക്കെ See you. നമുക്ക് പാർട്ടിലേക്ക് പോകാം എത്ര നാളായി അവിടെ പോയിട്ട് നിനക്ക് അങ്ങനെ തോന്നിയത് ഒന്നായി ഞാനിതായെത്തി ൾ കുറവാണല്ലോ അത്രയും ആശ്വാസം ഞാൻ പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് അറിയാം എന്താണ് നിന്നെ ഈ പ്രവർത്തിക്ക് പ്രേരിപ്പിച്ചത് രാധിക പിൻവാങ്ങിയപ്പോൾ കരിയും പോയി നിരാശപ്പെട്ടു അവരോടുള്ള സഹതാവമാണോ നിനക്ക് പ്രേരണ നൽകിയത് അഥവാ നാടകത്തിലുള്ളതിന് താല്പര്യമുണ്ട് രാധികയെപ്പോലെ പ്രശസ്തയായ ഒരു നടിയൊന്നുമല്ല നീക്കുന്നു നിങ്ങൾ പറയുന്ന ഈ വസ്തുതകളെല്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതാണ് ഇനി മറ്റൊരു ബുക്കിംഗ് കിട്ടണമെങ്കിൽ ഒരു കൊല്ലത്തിലേറെ കാത്തിരിക്കണം സ്പോൺസർമാർ പിൻവാങ്ങും കരീംപോയി നിരാശപ്പെടുത്തിയത് ഇതെല്ലാമാണ് അതെ ഗോകുൽ എനിക്ക് കരീംപോയിയോടും നാരായണനോടും സകതാപമുണ്ട് എന്നാൽ അതുമാത്രമല്ല ഞാൻ റോൾ സ്വീകരിക്കാൻ കാരണം ഭഗവന്തി ജീവിച്ചിരുന്നു എന്ന അറിവ് എന്നെ ശല്യം ചെയ്യുന്നു നാരായണൻ അത് പറയാൻ പാടില്ലായിരുന്നു ഭഗവന്തി തന്റെ സങ്കല്പം മാത്രമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സംസാരിച്ചിരുന്ന സമയം പോയി ഗൂഗിൾ വണ്ടിയെടുത്തു വരും എന്നെ കരിയുമ്പോഴയുടെ ഫ്ലാറ്റിൽ എത്തിക്കണം റിഹേഴ്സലിനിപ്പോൾ എല്ലാവരും എത്തിക്കാണും Yeah, two-tary kiss ഇനി എന്താണ് ഒരുങ്ങാൻ ഒന്നുമില്ല എല്ലാം അക്കാര്യം ഞങ്ങൾക്ക് എത്ര ദിവസത്തെ ചർച്ചകളും പരിശ്രമങ്ങളുമാണ് ഒരിക്കലും അവ പരാജയമാവില്ല ആ പിന്നെ നീ വസുന്ധരയുമായി ലൈറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ േരം ഡ്രസ് റിഹേഴ്സൽ നാളെ നമ്മുടെ നാടകത്തിന്റെ ആദ്യ പ്രദർശനം നാരായണ ഈ നാടകത്തിലൂടെ നമ്മൾ നാടക സങ്കല്പത്തെക്കുറിച്ചുള്ള വ്യവസ്ഥാപിത ധാരണകളെല്ലാം മാറ്റിയെഴുതും ഹലോ ഹലോ ആ ഗ്രേറ്റ് ന്യൂസ് നാരായണ നമ്മുടെ ഷോ ഇന്ന് ഹൗസ്ഫുൾ ആകും ഹലോ ഹലോ ജാവേദ് നീണ്ട ക്യൂആാ വിശ്വസിക്കാൻ പ്രയാസം നീ എന്താ ഒന്നും ഇണ്ടാത്തത് ആ ജാവേദ് അത് ഒരു നല്ല ന്യൂസ് അല്ല പിന്നെ ഓഡിറ്റോറിയം കാലിയായി കാണാനാണോ നീ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടകം കാണാനായി ടിക്കറ്റിന് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു തകരാറുണ്ട് നാം മുൻകരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു സിനിമാ ടിക്കറ്റുകൾക്കല്ലാതെ നാടകത്തിനു വേണ്ടി ആരെങ്കിലും ക്യൂ നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ നീ പറയുന്നത് എനിക്ക് മനസിലായി തുടങ്ങിയിരിക്കുന്നു അതെ ആ രംഗത്തെ വാർത്ത ലീക്ക് ചെയ്തിരിക്കുന്നു നമ്മൾ എടുത്ത മുൻകരുതലുകൾ വെറുതെ സംഭവിക്കാൻ പാടില്ലാത്തതാകും എപ്പോഴും ആദ്യം സംഭവിക്കുക ആ ജാവേദ് നീ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ചെന്ന് വിൽപ്പനയുടെ സ്വഭാവം അന്വേഷിച്ചു വരൂ ശരി ഞാൻ അറിഞ്ഞു വരാം ഓക്കെ ഹലോയില്ലേ അതെ നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ വിളിക്കുന്നു അഭിനയിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം ഫോട്ടോഗ്രാഫറുമായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വൈദ ഹീറോയിൻ വേണ്ട വിവരങ്ങൾ ഞാൻ തരാം ഞാനാണ് നാടകത്തിന്റെ സംവിധായകൻ ആ കുട്ടിയോടാണ് എനിക്ക് സംസാരിക്കേണ്ടത് അവൾക്ക് ഫോണില്ല നിങ്ങൾ കളവ് പറയുകയാണ് ശരി ഞാൻ നോക്കട്ടെ ായിരുന്നു പത്രങ്ങളുടെ ശ്രദ്ധ വസുന്ധരയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അന്ത്യം കുറിക്കുന്നതാണ് ശരി വസുന്ധര ഇന്ന് ഒരു കാണാൻ പാടില്ല നീ അവളെ വിളിച്ച് പറയൂ ഉടൻ ഹലോ ഹലോ ജാവേദ് വസുന്ധര എന്ത് ചെയ്യുകയാണ് ആ വിശ്രമിക്കട്ടെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചത് ഒരു പത്രത്തോടും അവൾ ഇന്ന് സംസാരിക്കാൻ പാടില്ല ജാവേദ് ഇക്കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഓ സോറി നാരായണൻ ഒരു പത്രക്കാരൻ ഇപ്പോൾ അവൾ ഇന്റർവ്യൂ ചെയ്ത് ഫോട്ടോ എടുത്ത് പോയതേ ഉള്ളു ഏ ആരാണയാ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു വർഗീസ് അവളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് വൈകുന്നേരം നാല് മണിക്ക് വസുന്ധരെയും കൂട്ടി ഞാൻ തിയേറ്ററിലെത്തും പറഞ്ഞത് നേരത്തിന് നേരത്തിന് എടുക്കാൻ പറഞ്ഞാൽ കടക്കുന്നു മൃദുവാണി കളേ ശിലംഗളെ തങ്ക ശ്രീലങ്കകളെ ൂട്ടായ്മയുടെ പുതിയ നാടകം ഒരു ദളിത് യുവതിയുടെ കഥനകഥ അല്പസമയത്തിനുള്ളിൽ അരങ്ങേറുകയാണ് കലുഷവും സങ്കീർണ്ണവുമാണ് നമ്മുടെ കാലഘട്ടം മുതലാളിത്തം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നഗരത്തിൽ ആസുരങ്ങളായ ആയിരം മുഖങ്ങളുണ്ടതിന് എന്നാൽ നാഗരികതയുടെ പരിഷ്കൃതിയുടെ കടന്നുകയറ്റം സംഭവിച്ചിട്ടില്ലാത്ത ഗ്രാമങ്ങളിലോ അവിടെ സമ്പത്തും വർണ്ണവർഗപരമായ മേൽക്കോയ്മകളും അതീശ സ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നു ഈ പരിതോവസ്ഥയിൽ ദളിതരും സ്ത്രീകളും ഏറ്റവുമധികം ചൂഷണവും പീഡനവും അനുഭവിക്കുന്നവരായിത്തീരുന്നു ദളിത് സ്ത്രീ ജീവിതങ്ങൾ എപ്രകാരമെല്ലാം പീഡിതമായി തീരുന്നു എന്നതിന്റെ യഥാർത്ഥ ആവിഷ്കാരമാണ് ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന നാടകത്തിൽ നാടകൃത്ത് നാരായണൻ നിർവഹിച്ചിരിക്കുന്നത് കാണുക ഒരു ദളിത് യുവതിയുടെ കഥനകഥ രചന നാരായണൻ സംവിധാനം വിക്ടർ കരീംപോയ് പ്രകാശ സംവിധാനം വാർത്ത ംഗത്ത് വസുന്ധര അലി അക്ബർ യശ്വന്ത് റാംമോഹൻ പ്രണാളിനി പ്രതാപ് രോഹിത് ശങ്കർ കലാസ്നേഹികളെ നാടകം ആരംഭിക്കുന്നു सरस्वती क्षेत्री सलास्थी सर्गोजल प्रतिभास मुणर्त संस्कारी കനി തേടി ഞങ്ങളണയുന്നു അമൃത കുംഭങ്ങളെന്തി അദ്വൈത ഭദ്ര ദീപങ്ങൾ കൊളുത്തുന്നു അക്ഷര ക്ഷരാരാധകർ ഞങ്ങൾ അങ്ങനെ വഴിക്കുമോ നിന്നെ ഇന്നും ഞാൻ നോക്കിക്കോ ഭഗവന്തി ുംകത്ത് കയറിപ്പോ കണ്ണും മൂക്കൂല്ല ചുറ്റുപാട് എന്തു നടക്കുന്നു എന്ന ശ്രദ്ധയില്ല മുകളിൽ ആ മരച്ചോട്ടിൽ ഗുണ്ടാച്ചയുടെ കാളവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ വേഗം അകത്തു പോകാൻ കാളവണ്ടിയോ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഗുണ്ടേച്ച നിന്നെ കണ്ടു അയാളുടെ തുറച്ചുനോട്ടം കാണുമ്പോ എനിക്ക് ഭയവാമോളെ നിനക്കറിയില്ല ഗുണ്ടാച്ചയെ എത്രയോ പെണ്ണുങ്ങളെ അയാൾ അമ്മ അതൊന്നും ശ്രദ്ധിക്കണ്ട ഞാനിവനെ ആലിൽ കൊണ്ട് കെട്ടത്തെ ഈ പെണ്ണിനി എന്നാ കൂട്ടിക്കളി മാറുന്നത് എന്തിനും പോന്നവനാ ഗുണ്ടേച്ച അപകടമൊന്നും കൂടാതെ അനങ്ങാതെ നില്ല് കാളെ അനങ്ങാതെ ആ വകതിരുവുകെട്ട കിഷൻചന്ദ് കാരണം ഈ വെയിലത്ത് എനിക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നില്ലേ കയ്യേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവന്റെയൊക്കെ കുടിലുകൾ തീവയ്ക്കണം അമരവും സംഘടനയുമൊക്കെ ഈ ഗുണ്ടേച്ച കുറെ കണ്ടിട്ടില്ലെന്ന് ആ കൃഷ്ണൻചന്ദ്രനോട് പോയി പറയാമേ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ആ റാംലാലിന്റെ മോള് ആ പെണ്ണിനൊന്ന് കാണാൻ ഒത്തു എന്താ അവളുടെ പേര് ഭഗവന്തി റാംലാലിന് ഇവളൊരു പെണ്ണേ ഉള്ളൂ മോളും മോനും ഒക്കെയായി ഓഹോ എനിക്കവളെ നന്നായിട്ടൊന്ന് കാണണം അത് പിന്നെ പറയണോ വഴിയുണ്ടാക്കാം യജമാനൻ ആഗ്രഹിച്ച ഏത് കാര്യമുണ്ട് നടക്കാത്തതായി വെറുതെ മുഖസ്തുതി പറഞ്ഞാൽ പോരാ കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം ഓ മനസിലായോ ഓ അറിയാമേ വേണ്ടത് ചെയ്തോളാം എന്നാ വണ്ടി പുറപ്പെടത്തെ പിന്നിൽ നിന്നെല്ലാം സൂക്ഷ്മമായി നോക്കുകയാണല്ലേ കാഴ്ചക്കാരുടെ ഇത്തവണ ഞാനും നിങ്ങളെ പോലെ തന്നെ സദസ്സിന് നിരീക്ഷിക്കാൻ നാടകം ഞാൻ റിഹേഴ്സൽ സമയത്ത് എത്രയോ കണ്ടതാണ് മൂന്ന് രംഗങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നല്ല പ്രതികരണമാണുള്ളത് പിന്നെ ഇത് ആദ്യമായല്ലേ തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതും ആ ഇപ്പോഴിതാ നിർണായകമായ നാലാമത്തതും അവസാനത്തതുമായ ആ രംഗം ജാവേദ് നിങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾക്കുള്ള അത്രയുമോ അതിലേറെയോ ടെൻഷൻ എനിക്കും ഉണ്ട് എന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പാർത്ത സംഭവിച്ചത് നാരായണൻ എവിടെ എനിക്ക് മാപ്പ് ചോദിക്കണം ജാവേദ്നെ കണ്ടോ നാടകം അവസാനിച്ചപ്പോൾ മുതൽ ഞാൻ അയാളെ തിരയുകയാണ് ആ ചിലപ്പോൾ പുറത്തുണ്ടാകും ഐ എം സോറി നാരായണ എന്റെ കുറ്റമായിരുന്നില്ല അത് എനിക്കറിയാം പാർത്ഥ എനിക്കറിയാം ആ ഒരു രംഗത്തിന്റെ സംവിധാനത്തിന് വേണ്ടി എത്രയോ നാളുകളായി നിങ്ങൾ തയ്യാറെടുത്തിരുന്നു പക്ഷേ സദസ്സിൽ നിന്ന് ക്യാമറകൾ ഫ്ളാഷ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുകയില്ലല്ലോ ആ ഇനിയുള്ള കളികളിൽ ക്യാമറകൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം ആദ്യത്തെ ഷോ ആണ് ഏറ്റവും പ്രധാനം അത് പാഴായിരിക്കുന്നു ഇനി എനിക്കുടനെ വസുന്ധരയെ ഗോകുലിന്റെ അടുത്ത് എത്തിക്കണം വസുന്ധരേ ഗോകുലിന്റെ വീട്ടിൽ കൊണ്ടുപോകാം എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ എന്നാലിനി വൈകണ്ട വീട്ടിൽ പോയി വല്ലതും കഴിച്ച് നന്നായി ഉറങ്ങു നിനക്കിപ്പോൾ ആവശ്യം ഗോകുലിനെ അല്ല ഒരു നല്ല ഉറക്കമാണ് ആ എന്തായാലും നമുക്ക് ഗോകുലിന്റെ വീട് വഴി തന്നെ പോകാം ഗോകുൽ ഇവിടെ വന്നിട്ടില്ലല്ലോ വീട് പൂട്ടിക്കിടക്കുന്നു ഞാൻ പെങ്ങളെയും കൊണ്ട് പോയിക്കോളാം നാരായണ ഓ നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടേണ്ട നാളെ വൈകുന്നേരം കരിയമ്പോയുടെ ഫ്ളാറ്റിൽ കാണാം ഓക്കെ ഓക്കെ ശരി എല്ലാവരും എത്തിയല്ലോ നമ്മുടെ പുതിയ നാടകം പലരും ഒരു പരാജയമായി കാണുന്നുണ്ടാകാം നാടകകലയുടെ പ്രാഥമികമായ അറിവുകൾ കൈവരിച്ചവർ ഇതൊരു വലിയ വിജയമായും കരുതുന്നുണ്ടാകാം നമ്മുടെ പുതിയ സംരംഭം ഒരു പരാജയമാണോ വിജയമാണോ എന്നതല്ല ഇവിടെ പ്രശ്നം അതെ അതെ ഇതുപോലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾ വിവരമുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്റെ നാടകരൂപ്പിൽ അംഗമാകുമായിരുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നാലോ അഞ്ചോ കളികൾക്ക് സാധ്യതയുള്ള ഒരു നാടകമാണത് പക്ഷേ നമ്മുടെ നിർഭാഗ്യം കാരണം ഒറ്റ അത് അവസാനിപ്പിക്കേണ്ടി വന്നു നഗരത്തിൽ നാടകകല നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഈ നാടകം ഓർമ്മിക്കപ്പെടും ഇവിടെ സന്നിഹിതനായിട്ടില്ലാത്ത ഗൂഗിൾ കൂടി കേൾക്കുവാനാണ് ഞാനിത് പറയുന്നത് നാടകത്തിന്റെ ചരിത്രത്തിൽ നാം പ്രവേശിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണക്കാരി വസുന്ധരയാണ് നമ്മുടെ പാർട്ടി ആരംഭിക്കാൻ വൈകി വരൂ നമുക്ക് താഴേക്ക് പോകാം കരിമ്പോയുടെ ഫ്ളാറ്റിൻ്റെ ഈ ടെറസിൽ ഇപ്പോൾ ഞാൻ തനിച്ചാണ് അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾക്ക് ഈ ടെറസ് എന്നും സാക്ഷിയായിട്ടുണ്ട് കുറച്ചു മുൻപാണ് കരിമ്പോയി എന്നെ കലയിലെ രക്തസാക്ഷിയെന്ന് വിശ്വസിപ്പിച്ച് മൂർത്താവിൽ ചുംബിച്ചത് ഇന്ന് രാവിലെ പ്രഭാതപത്രം തുറന്നു നോക്കിയപ്പോൾ ഇല്ലാതെ നിൽക്കുന്ന ഭഗവന്തിയെ കണ്ടു വർഗീസ് എന്ന് പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളും ഉണ്ടായിരുന്നു ായ പ്രസാധകർ ഇന്ന് നാരായണന് ഫോണിൽ വിളിച്ച് അയാളുടെ നാടകം പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു അവരിൽ ഒരാൾ കരാർ അഡ്വാൻസ് ഒരു സുന്ദരിയെ അയാളുടെ ആയിരിക്കും പറഞ്ഞയക്കുകയും ചെയ്തു പക്ഷെ നാരായണൻ പറഞ്ഞതും ഇരുമ്പ ിൽ അവതരിപ്പിക്കുക എന്നത് പൂർത്തിയായ ഒരു നാടകകൃതിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വരൂ നമുക്ക് ലക്ഷ്യം നിറവേറ്റാം തീ പട്ടിതരൂ യുടെ ഇരുപ്പ് മുറിയിൽ പാട്ട് തുടങ്ങി നാരായണന്റെ നാടകം കത്തിത്തീരാറായി പക്ഷേ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല ഗോകുൽ എന്റെ കൈവിരലിൽ എളിച്ച് നീ തിളങ്ങുന്ന മോതിരവും തീക്കുള്ളതാണ് ഇത് ഞാൻ തീയിൽ വിഷ്കാരം സമാപിക്കുന്നുരം ഡോ ആർ ശ്രീലത വർമ്മ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും നാരായണൻ പി കെ സുരേഷ് ബാബു കരീംബോയ് പി വി വേണുഗോപാലൻ ഗോകുൽ വി കെ രമേശൻ ജാവേദ് എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ പാർത്ഥ ശശിധരൻ കളത്തിങ്കൽ മറിയ ടി ജെ ലൈല വസുന്ധര സിന്ധു ടി ഗംഗാധരൻ രാധിക വൈ എസ് പൗർണമി സംവിധാനം ഉമാ ബാലൻ അവതരണം ആകാശവാണി തൃശൂർ നിലയം